ിപ്പേണു ഗിരം പാർയാർത്തിഹരോ ദഹം കൃപമൂർത്തിനവിനതൃപ്തമാ കൂട്ടസ്ഥോ വിജിത്തെ യുക്തേ യോഗി സമലോഷ്ടാശ്മഹൃന്മിത്രുദാസീനമധ്യസ്ഥേഷ്യധുഷു साधुष्विज पापेशमबुर्विशिष्य इत्र श्लोकम नोकी गीत सदेश भगवदचन योगी भवा अर्जुन योगी आईट तीरू ആരാണ് യോഗി യോഗത്തിന് ലക്ഷണം എന്താണ് സമത്വം യോഗ ഉച്ച എന്ന് ഭഗവാൻ തന്നെ ഒരു വ്യാഖ്യാനം കൊടുത്തു പതഞ്ജലി യോഗത്തിന് വ്യാഖ്യാനം കൊടുക്കണത് ചിത്തവൃത്തികൾ ഉദിക്കാത്ത സ്ഥിതി ചിത്തവൃത്തികൾ അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാത്ത സ്ഥിതി എവിടെ നമ്മള് നമ്മളായിട്ടിരിക്കുന്നുവോ അത് യോഗസ്ഥിതി യോഗശ്ചിത്തവൃത്തി നിരോധ തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം ചിത്തവൃത്തി ഉള്ളപ്പോ തോട്ട്സ് ഉള്ളപ്പോ അപ്പൊ എന്താ കുഴപ്പം വൃത്തിസാരൂപ്യം എന്ന് പറഞ്ഞു അതായത് ഓരോ വികാരങ്ങളും വിചാരങ്ങളോടും നമുക്കൊരു സാരൂപ്യം എന്ന് പറഞ്ഞാൽ ഐഡൻറിഫിക്കേഷൻ ഉണ്ടാവും ആ വൃത്തിയുടെ രൂപം നമ്മൾ നമ്മളായിട്ട് തീരും നമുക്ക് കോപം വരുമ്പോൾ ഞാൻ കോപിക്കല കോപമായിട്ട് തീരുകയാണ് എനിക്ക് ഇഷ്ടം തോന്നുമ്പോൾ ഞാൻ ഇഷ്ടമായിട്ട് തീരുകയാണ് എനിക്ക് അസൂയ തോന്നുമ്പോൾ ഞാൻ അസൂയയായിട്ട് തീരുകയാണ് അത് ആയിത്തീരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ നമുക്കറിയാം അത് വരണൂന്നറിയാം അസൂയ വരണു കോപം വരണു കാമം വരണോ ഒക്കെ അറിയാം അത് വന്ന് അതായി കഴിഞ്ഞാലോ നമ്മൾ നമ്മളല്ലാതായിട്ട് തീരാണ് വൃത്തിസാരൂപ്യം സംസാരം ലൗകികം അജ്ഞാനം ദുഃഖം ഒക്കെ പറയണത് അല്ലെങ്കിൽ മനോരോഗം എന്നൊക്കെ പറയണത് ഈ വൃത്തി സാരൂപ്യം യു ഐഡന്റിഫൈ യുവർസെൽഫ് വിത്ത് ഇമോഷൻസ് പല വികാരങ്ങളുമായിട്ടും വിചാരങ്ങളുമായിട്ടും നമ്മള് ഒന്നാവുക അങ്ങനെ ആവാതിരിക്കണതാണ് യോഗം എന്ന് പതഞ്ജലി പറഞ്ഞു ഒക്കെ അവസാനം എല്ലാ ഡെഫിനിഷനും ഒരേ വന്ന് നിൽക്കും ചിത്തവൃത്തി വിചാരങ്ങൾ കുറച്ചുകൊണ്ട് വരിക നമ്മൾ പണത്തിലൊക്കെ പിശുക്ക് പിടിക്കുന്നുണ്ട് വാസ്തവത്തിലെ പിശുക്ക് എക്കോണമി നോക്കേണ്ടത് ചിത്തവൃത്തികളെ ഉപയോഗിക്കുന്നതിലാണ് ചിത്തവൃത്തികളിൽ എക്കോണമിക്കലായിട്ടിരിക്കാം ചിത്തവൃത്തികളിൽ പിശുക്ക് കാണിക്കാം ചിന്തിക്കുന്നതിൽ മടി കാണിക്കാം മനസ്സിനെ ഉപയോഗിക്കുന്നതിൽ മടി കാണിക്കാം ചിത്തവൃത്തികളെ കുറേന്തോരം ശാന്തി കൊടുക്കും നമ്മൾ ശാന്തമായിട്ട് ഇരിക്കുമ്പോ ശ്രദ്ധിക്കുക അധികം വിചാരമേ ഉണ്ടാവില്ല ധാരാളം വിചാരമുള്ളപ്പോ ശാന്തി ഇല്ല എപ്പോഴും പറയാറുള്ളതാണല്ലോ പീസ് ഓഫ് മൈൻഡ് എന്നുള്ള വാക്ക് ശരിയല്ല മൈൻഡ് ഉണ്ടെങ്കിൽ പീസ് ഉണ്ടാവില്ല പീസ് ഉണ്ടെങ്കിൽ അവിടെ മൈൻഡും ഉണ്ടാവില്ല മൈൻഡ് എന്ന് വെച്ചാൽ എന്താ വൃത്തയാഹ ചിത്തവൃത്തികളാണ്സ് അപ്പൊ ചിത്തവൃത്തികൾ എത്ര കണ്ട് കുറയണോ അത്ര കണ്ട് ശാന്തി നിശ്ചലത നമ്മൾ എപ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കണോ സത്സംഗത്തില് കേൾക്കുമ്പോ ചിലരൊക്കെ അങ്ങനെ കാറ്റുപിടിച്ച പോലെ ഇരിക്കും എന്താ ചിത്തവൃത്തികൾ ഇല്ല ഒന്നും വി ആർ നോട്ട് തിങ്കിങ് എനിങ് ആൻഡ് വെൻ തോട്ട്സ് ആർ നോട്ട് ഐ ആസ് എ പേഴ്സൺ ഇസ് നോട്ട് ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയായിട്ട് അവിടെ ഇല്ല പിന്നെ എന്തുണ്ടവിടെ നിശ്ചലതയുണ്ട് ആ നിശ്ചലത എൻ്റെ സ്വസ്വരൂപമാണ് ആ നിശ്ചലത ഉണ്മയായ ഞാനാണ് ചിത്തവൃത്തികൾ വരുമ്പോ ഞാൻ മലയാളിയും തമിഴിനും കൊങ്കണിയും ഗുജറാത്തി ഒക്കെ ആയിട്ട് മാറും ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല ചിത്തവൃത്തികൾ ഒതുക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഞാനൊരാളും എൻ്റെ മുമ്പിൽ ഒരു ലോകവും റിയാക്ഷനും അതിനോടുള്ള പ്രതികരണവും ഒക്കെ ചിത്തവൃത്തികൾ ഉദിക്കുമ്പോൾ ഉണ്ടാവും ചിത്തവൃത്തികൾ അടങ്ങുമ്പോൾ ഒന്നുമില്ല യോഗ ചിത്തവൃത്തി നിരോധ നമ്മൾ ശാന്തമായിട്ടിരിക്കണമുണ്ടെങ്കിൽ പ്രബലമായ ചിത്തവൃത്തികളൊന്നും വരണില്ലെങ്കിൽ നമ്മൾ വേറെ ഒരു സാധനയും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ധ്യാനവും ചെയ്യേണ്ട ആവശ്യമില്ല എന്തിനു വെറുതെ മെനക്കടണം എല്ലാത്തിന്റെയും ലക്ഷ്യം അതുകൊണ്ട് ചെറിയ കുട്ടികളെ പിടിച്ച് മെഡിറ്റേഷൻ എന്നൊന്നും പറഞ്ഞ് പിടിച്ചിരുത്തരുത് അവർക്ക് അതിന്റെ ആവശ്യമില്ല ആർക്ക് സഹജമായിട്ട് ശാന്തി ഉണ്ടോ പ്രബലമായ വിചാരങ്ങളില്ലയോ അവരെന്തിനു ധ്യാനിക്കണം ധ്യാനം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികൾ ഇല്ലാതെ ഇരിക്കുന്ന സ്ഥിതി അഥവാ വ്യവഹാരത്തിന് വേണ്ട ചില ചിത്തവൃത്തികളൊക്കെ വരും കുഴപ്പമൊന്നുമില്ല പ്രബലമായ വിചാരങ്ങളൊന്നുമില്ല ശാന്തി ഉണ്ട് അതാണ് യോഗം അപ്പോ അങ്ങനെയുള്ള യോഗി എങ്ങനെ ഉണ്ടാവും ഭഗവാൻ പറഞ്ഞു അയാൾ യോഗാരൂഢനാണെന്ന് പറഞ്ഞു ചിത്തവൃത്തി ഇല്ലാതെ ഇരിക്കുന്നത് നമ്മളുടെ സ്വരൂപമാണെന്ന് അറിയണം അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താവും അതിലേക്ക് പോയിട്ട് പുറത്തു വരുമ്പോ അജ്ഞാനിയായിട്ട് തന്നെ വരും അതുകൊണ്ട് ആ ശാന്തിയെ നമ്മളുടെ സോഹമസ്മി എന്ന് അറിയണതാണ് വിജ്ഞാനം ആ വിജ്ഞാനം ഉണ്ടായാൽ ആ ശാന്തി കുറച്ചു നമുക്ക് സത്സംഗത്തിലോ ഭജനയിലോ അല്ലെങ്കിൽ ജപം ചെയ്യുമ്പോഴോ അമ്പലത്തിൽ പോകുമ്പോഴോ മഹാപുരുഷന്മാരുടെ സമ്പർക്കത്തിൽ യോഗാരൂഢന്മാരുടെ സമ്പർക്കം നമ്മൾ യോഗാരൂഢൻ എന്ന് പറയണ്ടല്ലോ യോഗാരൂഢന്മാരുടെ സമ്പർക്കത്തിൽ പോകുമ്പോ പെട്ടെന്ന് മനസ്സങ്ങടെ അടങ്ങും നമുക്ക് തന്നെ അറിയില്ല എന്തോണ്ടാന്ന് നമ്മളുടെ മനസ്സ് മാജിക്ക് പോലെ അങ്ങടെ അടങ്ങി നിൽക്കും നമ്മൾ വിചാരിക്കും ഓ നമ്മള് നേടിക്കഴിഞ്ഞു എന്ന് വിചാരിക്കും അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ ആ മൂപ്പരെ ഞാൻ പോയിട്ടൊന്നും ഇല്ലാട്ടോ ഇവിടെ ഇണ്ടട്ടോ എന്ന് പറഞ്ഞിട്ട് വരും അപ്പോ യോഗാരൂഢന്മാരുടെ സമ്പർക്കത്തില് സത്സംഗം ഉണ്ടാവും കുഞ്ചുസ്വാമി രമണ മഹർഷിയുടെ പാർഷന്മാരില് വളരെ ലേറ്റർ പീരീഡില് മരിച്ച ഒരു സന്യാസി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ ഭഗവാന്റെ അടുത്ത് വന്നപ്പോ മനസ്സൊക്കെ അടങ്ങി ശാന്തമായി അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒന്നും നേടാനില്ല ഒക്കെ നേടിക്കഴിഞ്ഞു ശാന്തമായി കഴിഞ്ഞല്ലോ വാസനാക്ഷയവും ഒക്കെ വന്നു ഒന്നും മനസ്സ് ചലിക്കണേ ഇല്ല ശാന്തമായിട്ടിരിക്കണു നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് വന്നു വന്നു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ അതേപോലെയൊക്കെ ഇരുന്നു പതുക്കെ പതുക്കെ പതുക്കെ രണ്ടു മൂന്നാഴ്ച കഴിയുമ്പോൾ പഴയ ഓരോ ആളുകളായിട്ട് പരിചയക്കാരൊക്കെ പുറപ്പെടാൻ തുടങ്ങി അത് ആ സാന്നിധ്യത്തിന്റെ ബലമാണ് സാന്നിധ്യത്തിന്റെ ബലം നമുക്ക് സഹായമായിട്ടിരിക്കും അനുകൂലം ചെയ്യും നമ്മളുടെ സ്വരൂപത്തിനെ നമുക്കൊരു ഒരു ഗ്ലിംസ് കിട്ടും ആരോ ഉദാഹരണം പറഞ്ഞു അങ്ങനെ ഈ പാസ്പോർട്ട് വിസയൊന്നും ഇല്ലാതെ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് കൊണ്ടുപോണ പോലെയാണെന്നാണ് വേണ്ട പ്രോസസ്സൊന്നും ആയിട്ടില്ല പക്ഷെ കൃപ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് സൂചിപ്പിച്ചു തരാണ് കാണിച്ചു തരാണ് നമ്മളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ നമുക്ക് കാണിച്ചു തരണം നമുക്ക് എപ്പോഴോ ഒരിക്കലും നമുക്കത് സാക്ഷാത്കരിക്കാം എന്നൊരു സൂചന നമുക്ക് തരാണ് അതാണ് സത്സംഗത്തിലോ മഹാപുരുഷ സമ്പർക്കത്തിലോ ഭജനയിലോ ഒക്കെ ഉണ്ടാവണം പക്ഷെ ിയ ജയമില്ലെങ്കിൽ വിളക്ക് കൊളുത്തിവെച്ചു പക്ഷെ ജനലൊന്നും അടച്ചിട്ടില്ല നല്ല കാറ്റ് ഉണ്ടെങ്കിൽ കാറ്റ് വന്ന് വിളക്ക് കെടുത്തിട്ട് പോകും ഒന്നിൽ കാറ്റ് വരുന്ന ദ്വാരങ്ങളൊക്കെ അടച്ചിട്ട് വിളക്ക് കൊളുത്തണം അല്ലെങ്കിൽ വിളക്ക് കൊളുത്തിയിട്ട് ഏതു വഴിക്കാണ് കാറ്റ് വന്ന് നാളം ചലിക്കണതോ അത് അറിഞ്ഞിട്ട് ജനലടയ്ക്കണം ചിലർക്ക് ഒരു മധ്യമ സ്ഥിതിയിൽ തന്നെ ആത്മജ്ഞാനം ഉണ്ടാവും മനസ്സിന് ശാന്തി ഉണ്ടാവും പക്ഷെ ആ ശാന്തി സംരക്ഷിക്കപ്പെടണമെങ്കിൽ പതുക്കെ പതുക്കെ ഏതേത് ഇന്ദ്രിയങ്ങൾ പിടിവിട്ട് ചലിച്ച് ഇവനെ ചപലനാക്കുന്നു അതാത് ഇന്ദ്രിയങ്ങളെ പതുക്കെ പതുക്കെ ജ്ഞാനത്തിൻ്റെ ബലം കൊണ്ട് തന്നെ സ്വാംശീകരിക്കുക അതാണ് ജി വിജിതേന്ദ്രിയെന്ന് പറഞ്ഞു പതുക്കെ അങ്ങനെ പതുക്കെ സർവതോഭദ്രമായ ശാന്തി ജ്ഞാനം അത് സ്വാംശീകരിച്ചവനെ യുക്തയിത്യുച്ഛതേ യോഗി അവന് യുക്തൻ എന്നുവച്ചാൽ അക്കംപ്ലിഷ് അഡപ്റ്റ് എന്ന് പറയാം അയാള് നേടേണ്ടത് നേടിയ ആളാണ് അയാള് പൂർണ്ണതയിൽ ഇരിക്കാൻ പഠിച്ച ആളാണ് സർവത്തോഭദ്രമായി നിരന്തരാഭ്യാസ നിതാന്ത എന്ന് പത ശ്രീശങ്കരൻ ഓർത്ത് പറയണം ആ യോഗസ്ഥിതി എങ്ങനെ വരുന്നു നിരന്തരാഭ്യാസ നിതാന്തര നിരന്തരം അഭ്യാസം കൊണ്ട് അതീവ ഭദ്രമായി ഇനി നഷ്ടപ്പെടാത്ത ആ ശാന്തി ആത്മാനുഭൂതി അയാൾക്ക് നിഷ്ടമായി കിട്ടിയ ആള് യുക്തൻ എന്ന് പറഞ്ഞു യുക്തയുത്യുച്ഛത യോഗി സമലോഷ്ടാശ്മഞ്ചന പിന്നെയും ആ ധ്യാനത്തിലുണ്ടാവുന്ന സുഖം ആ മെഡിറ്റേഷനിലുണ്ടാവുന്ന സുഖം റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ വ്യവഹാരത്തിൽ കുറച്ച് പക്വപ്പെടാനുണ്ട് എന്ന് അർത്ഥം ധ്യാനത്തിലുണ്ടാവുന്ന സുഖം വ്യവഹാരത്തിലേക്ക് വരുമ്പോ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് മൂലം നഷ്ടപ്പെടും സുഹൃത് മിത്ര അരി ഉദാസീന മധ്യസ്ഥ ദ്വേഷ്യ ബന്ധുഷു സാധുഷു അപ്പിച്ച പാപേഷു സമബുദ്ധി വിശിഷ്യത്തി വ്യവഹാരതലത്തിൽ ആ ഒരു ഇക്വലിബ്രിയും പോവാതിരിക്കുകയാണെങ്കിൽ വ്യവഹാരതലത്തിൽ നമ്മളുടെ റിയാക്ഷൻസ് പ്രതികരണങ്ങൾ നമ്മളുടെ സമത്വത്തിനെ ചലിപ്പിക്കാതെ പുറമേ നിന്ന് ഒന്നും എന്നിൽ പ്രത്യാഘാതം ഉണ്ടാക്കി ഒരു അശാന്തി ഉണ്ടാക്കാത്ത വിധത്തിൽ വ്യവഹാരത്തിലും ജീവിക്കാനുള്ള സൂത്രം പഠിച്ചാൽ കൗശലം പഠിച്ചാൽ അവൻ ശരിക്കും കളിക്കാൻ പഠിച്ചവനാണ് തലയ്ക്ക് കുംഭം വെച്ച് പാട്ടിനനുസരിച്ച് രാഗത്തിനനുസരിച്ച് മുദ്രകൾ കാണിച്ച് കളിച്ച് തൻ്റെ ആട്ടം കാണാൻ ഇരിക്കുന്ന ക്രൗഡിലുള്ള ആളുകളിൽ ആര് കൂടുതൽ പണം തരുവോ അയാളുടെ മുമ്പിൽ പോയി നിന്ന് കളിച്ച് കൈനീട്ടുമ്പോഴും തലയിലുള്ള കുംഭം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന കുംഭാട്ടം നടത്തുന്ന കരകാട്ടം നടത്തുന്ന സ്ത്രീയെപ്പോലെ പുങ്കാനുപുങ്ക വിഷയക്ഷണ തത്പരൂപി ലോകത്തിലുള്ള ഓരോ വിഷയങ്ങളെയും പ്രത്യേകം പ്രത്യേകം എടുത്തു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും പുങ്കുപുങ് വിഷയേക്ഷണതത്പരോപി ബ്രഹ്മാവലോകാം ന ജാതി യോഗി തൻ്റെ സ്വരൂപത്തിലുള്ള ശ്രദ്ധ പിടിവിടില്ലാന്നാണ് എങ്ങനെയാന്ന് വെച്ചാൽ സംഗീത താളലയ നൃത്യവശം ഗതാപി മൗലിസ്ഥകുംഭ പരിരക്ഷണധീ നടീവന സംഗീത താളലയ നൃത്യവശം ഗതാപി സംഗീതത്തിനും താളത്തിനും അതിന്റെ ലയത്തിനും ഒക്കെ വശം ഗതാന്നാണ് അതിൽ ഷീസ് കാപ്റ്റിവേറ്റഡ് ബൈറ്റ് ഒന്നും വിട്ടൊന്നും നിക്കണില്ല അതുപോലെ തന്റെ വ്യവഹാരത്തിൽ പ്രാരബത്തിന്റെ താളത്തിൽ താളക്കൊഴുപ്പിനനുസരിച്ച് ആടുമ്പോഴും പ്രാരബ്ദ കർമ്മത്തിന്റെ താളക്കൊഴുപ്പിന് വശപ്പെട്ട് ആടുമ്പോഴും അതിനനുസരിച്ച് എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യണമോ അതൊക്കെ ചെയ്യുമ്പോഴും അതിനനുസരിച്ച് എന്തൊക്കെ ബന്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുമോ അതിന്റെ ഒക്കെ നടുവിലിരിക്കുമ്പോഴും ബ്രഹ്മാവലോക ന ജഹാതി യോഗ തൻ്റെ ധിഷണ ജ്ഞാനം സ്വരൂപത്തിലുള്ള ശ്രദ്ധ അല്പം പോലും വ്യതിചലിക്കാൻ അനുവദിക്കണില്ല അങ്ങനെയായാൽ യുക്തയുദ്ധത്തെ അവൻ സ്ഥിതപ്രജ്ഞനാണ് അവൻ യോഗിയാണ് അവൻ ഭാഗവതോത്തമനാണ് അവൻ ഗുണാതീതനാണ് അവൻ ഭക്തനാണ് അവൻ വിമുക്തനാണ് ഇത്രയും ഒരു ലക്ഷ്യത്തിനെ ഭഗവാൻ കാണിച്ചത് ആ ലക്ഷ്യം നേടണമെങ്കിൽ എന്തു വേണം പതുക്കെ പതുക്കെ ഭൂമികാലബ്ധി ഉണ്ടാവണം അതായത് കൊച്ചിയിൽ വന്നാൽ പാലക്കാട് വന്നാൽ ആദ്യം ചെയ്യണ കാര്യം എന്താ പെട്ടിയൊക്കെ കൊണ്ടു വയ്ക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കും അല്ലേ സ്ഥലം കണ്ടുപിടിച്ച് ബേബി മാമയുടെ വീട്ടിൽ ഏതാ റൂമെന്ന് വെച്ചാൽ റൂം അറിഞ്ഞ് അവിടെ കൊണ്ടുപോയി ബാഗൊക്കെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് എവിടെ വിളങ്ങിയും ചുറ്റാൻ പോവാം ആ പെട്ടിയും തലയിൽ വെച്ചുകൊണ്ട് നടന്നാലോ അപ്പൊ ആദ്യം ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണ് ഇരിക്കാൻ അതേപോലെ അകമേ ഒരു സ്ഥലം കണ്ടുപിടിക്കണം അകമേ ഒരു സ്ഥലം കണ്ടുപിടിക്കണം ഇരിക്കാൻ ആ സ്ഥലം കണ്ടുപിടിക്കാനുള്ള പ്രക്രിയ പ്രോസസ്സിനാണ് ധ്യാനം എന്ന് പറയുന്നത് അകമേ ഇരിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണ് അതിനാണ് ധ്യാനം എന്ന് പറയാം ആ ധ്യാനം അടുത്ത ശ്ലോകം നോക്കും